ീഗണനാഥൻ താനും വാണിയും വിരിഞ്ചനം ശ്രീ ഗുരുവാരനുമെന്നാകളിരിൽ കാണിയും പിഴയാതെ വാണിടുവതിനായി പാണികൾ കൂപ്പി സ്തുതി ചെയ്തിടുന്നേൻ ിൽപ്പുമാനായ കൃഷ്ണൻ തന്നൂടെ കഥകളെ അൽപമൊന്നൂരാ ചിയാം കേട്ടു കൊൾവിൻ ചീത്രമായൂരൂ തിരുവാതിര നാളു തന്നൽ മാത്ത കാശിനി വാരാ ഞങ്ങൾ ഇപ്പോൾ ാർത്തൂക്കൈകൾ കോട്ടിക്കളിക്കും നേരം ഇഷ്ടി വരുത്തി വാരം തന്നിടുവാൻ വാട്ടമിട്ടാർത്തൂക്കൈകൾ കോട്ടിക്കളിക്കുന്ന നേരം ഇഷ്ടി വരുത്തി വാരം തന്നിടുവാൻ കൂറ്റൻ വാഹനായിട്ട് ഏറ്റുമാനൂർ വിളംബരം പോറ്റിയെ ഞാനിതാകൈതൂഴുന്നേൻ കൃഷ്ണ കൃപാലയ ഗോവിന്ദ മാധവ തൃച്ചംബരം വാഴ ഉണ്ണിക്കൃഷ്ണ ഉണ്ണികളെല്ലാവരും കൂടെ കളിക്കുമ്പോൾ മണ്ണു തിന്നാൻ കണ്ണനൊന്നു ചൊല്ലി എന്നതു കേട്ടമ്മ കോപിച്ചു കോലുമായി തല്ലുവാനൊരുങ്ങിയാണേരം ഓമനച്ചുണ്ടും വിതുമ്പിക്കടൽ വർണ്ണൻ ഭൂമിയിൽ വീണു പിരണ്ടും കൊണ്ട് മണ്ണു ഞാൻ തിന്നാകിൽ വായിൽ നോക്കെൻ്റെ അമ്മേ അമ്മയുടെ മുമ്പിൽ വാ പിളർന്നോ വാരിജലോചനൻ വാ പിളർന്നിടുമ്പോൾ ഈരഴു ലോകവും വായിൽ കാണാം ഇന്ദ്രനെയും കണ്ടു ചന്ദ്രനെയും കണ്ടു പന്തിരണ്ടാദിത്യന്മാരെ കണ്ടു വാരിജലോചന വാമുറു കെണ്ടുണ്ണി കൊച്ചു കൈരണ്ടിലും വെണ്ണ തരാം അച്ഛന്റെ തേവാരോപ്പു തരാമുണ്ണി അച്യുത പൈതലെ വാമുറുക്ക ആനത്തലയോളം വെണ്ണ തരാമുണ്ണി ആനന്ദ ശ്രീകൃഷ്ണ വാമുറുക്ക് ആനന്ദ കൃഷ്ണ ആനന്ദശ്രീകൃഷ്ണവാമുക്ക